ഇന്ത്യയിലെ പ്രധാന രാജവംശങ്ങൾമാർ ദക്ഷിണേന്ത്യയിലെ കൃഷ്ണതുങ്കഭദ്ര നദികൾക്ക് വടക്ക് ഡക്കാൻ പ്രദേശം ഭരിച്ചിരുന്ന രാജവംശമാണ് വാദാവിയിലെ അജന്തയിലെയും എല്ലോറയിലെയും ചില ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിതിയാണ് പല്ലവന്മാർ ഏ ഡി ആറാം നൂറ്റാണ്ടിൽ കാവേരിക്കും ഇടയിലായിരുന്നു പല്ലവന്മാരുടെ രാജവംശം ഏ ഡി മുതൽ ഒൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയായിരുന്നു പല്ലവ സാമ്രാജ്യത്തിന്റെ സുവർണകാലം ചേരന്മാരുടെ തലസ്ഥാനമാണ് വഞ്ചി ഒമ്പതാം നൂറ്റാണ്ടിലാണ് രണ്ടാം ചേര സാമ്രാജ്യം സ്ഥാപിതമായത് കുലശേഖരവർമ്മയാണ് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ കേരളത്തിലെ മഹോദയപുരം അതായത് ഇന്നത്തെ കൊടുങ്ങലൂർ ആയിരുന്നു ചേരന്മാരുടെ വിജയാല ആണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ആയിരുന്നു ചോളന്മാരുടെ തലസ്ഥാനം കടുവയാണ് ചോളന്മാരുടെ രാജകീയ മുദ്ര തഞ്ചാവൂരിലെ ഗൃഹദ്വേശ്വര ക്ഷേത്രം പണിതത് രാജരാജ ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ റോമൻ വ്യവസായ കേന്ദ്രമായ മൊസിരിസ് ചേരന്മാരുടെ പ്രധാന തുറമുഖമാണ് പാണ്ഡ്യന്മാരുടെ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ വിജയനഗര സാമ്രാജ്യം ഹരിഹരൻ ബുക്കൻ എന്നീ രണ്ടു സഹോദരന്മാരാണ് വിജയ സാമ്രാജ്യ സ്ഥാപകർ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രമുഖ രാജാവാണ് കൃഷ്ണദേവരായർ പമ്പയാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കൃഷ്ണദേവരായർ അഭിനവഭോജ എന്നും ഇദ്ദേഹം ബാബറിന്റെ സമകാലികനാണ് വിനേഷ്യൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിട്ടുണ്ട് കൃഷ്ണദേവരായരുടെ കാലം സാഹിത്യത്തിന്റെ അഗസ്റ്റൻ യുഗമായിരുന്നു അടിത്തറയിട്ടു മൌര്യരാജവംശത്തിന്റെ തലസ്ഥാനമാണ് പാടലിപുത്രം ചന്ദ്രഗുപ്ത മൌര്യന്റെ സദസ്സിലെ ഗ്രീക്ക് അംബാസിഡറായിരുന്ന മെഗസിനീസ് എഴുതിയതാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സഞ്ചാരി മെഗസിനീസാണ് കൌഡില്യനാണ് സാമ്രാജ്യ സ്ഥാപനത്തിനും ഭരണകാര്യങ്ങളിലും സഹായിച്ചിരുന്നത് ചാണക്യൻ വിഷ്ണുശർമ്മ എന്നീ പേരുകളെ അറിയപ്പെട്ടിരുന്ന കൌഡില്യന്റെ വിശ്വവിഖ്യാത ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം കനിഷ്കനാണ് കുാന രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് കനിഷ്കന്റെ തലസ്ഥാനമായിരുന്നു ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ് എ ഡി എഴുപത്തിയെട്ടിൽ ആരംഭിച്ചെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുണവുമാണ് കനിഷ്കൻ രണ്ടാമത്തെ അശോകൻ എന്നും അറിയപ്പെടുന്നു ശ്രീബുദ്ധന്റെ രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലേഖനം ചെയ്ത രാജാവാണ് കനിഷ്കൻ രാഷ്ട്രകൂടന്മാർ രാഷ്ട്രകൂട രാജവംശൻ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണിതത് രാഷ്ട്രകൂട രാജാവായ കൃഷ്ണൻ ചന്ദ്രഗുപ്തനാണ് ഗുപ്തരാജവംശത്തിന്റെ ആദ്യ ഭരണാധികാരിയായി കണക്കാക്കുന്നത് ഇദ്ദേഹം ഭരണം കൈയാളുന്നത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ് വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് സംസ്കൃതത്തിലെ നവരത്നങ്ങളെന്ന് വിഖ്യാതി നേടിയ കാളിദാസൻ ഉൾപ്പെടെയുള്ള ഒൻപത് മഹാകവികൾ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു വിക്രമാദിത്യ കാലഘട്ടത്തിൽ ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗുപ്തഭരണകാലമാണ് ഗുപ്തകലയുടെ ഉത്തമോദാഹരണമാണ് അജന്ത ഗുഹയിലെ ചുവർ ചിത്രങ്ങൾ ഹർഷവർദ്ധന വടക്കേന്ത്യയിലെ അവസാന ഹിന്ദുരാജാവാണ് ഹർഷവർദ്ധന ഹർഷന്റെ തലസ്ഥാനം അടിമവംശമാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമായി അറിയപ്പെടുന്നത് കുത്തബ് മിനാറിന്റെ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ് അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ബാൽബൺ ിൽ പുത്രിയ റ സുൽത്താനെത്തിന് തുടക്കമിട്ടത് അലാദ്ദീൻ ഗിൽജി ആയിരുന്നു രാജവംശത്തിലെ പ്രമുഖനായ ഭരണാധികാരി ഡൽഹിയിലെ സിറി നിർമ്മിച്ചത് അലാദ്ദീൻ ഗിൽജി ആയിരുന്നു ഗിൽജി രാജവംശത്തിലെ അവസാനത്തെ രാജാവ് മുബാരക് ഷായാണ് മുബാരക് ഷായെ രാജവംശം ഗിയാസുദ്ദീൻ തുഗ്ലക് ഭരണവംശം സ്ഥാപിച്ചത് തുഗ്ലക് രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ടോക്കൺ കറൻസി സമ്പ്രദായം ആരംഭിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലാണ് അദ്ദേഹം ബുദ്ധിമാനായ വിധി എന്നും അറിയപ്പെടുന്നു ഹിന്ദുക്കളുടെ മേൽ ഏർപ്പെടുത്തിയ ജസിയ എന്ന നികുതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് സുരോഷ തുഗ്ലക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നടന്ന ഒന്നാം പാനിപ്പെട്ട് യുദ്ധത്തിൽ ബാബറിന്റെ വിജയമാണ് മുഗൾ രാജവംശത്തിന്റെ തുടക്കത്തിന് കാരണമായത് ബാബറിന്റെ പിൻഗാമിയാണ് ഹുമയൂൺ ഇന്ത്യയിലാദ്യമായി തീരങ്കിപ്പട ഉപയോഗിച്ചത് ബാബറാണ് ബാബറിന്റെ ആത്മകഥയായ സുസൂഖിഇ ബാബറി തുർക്കി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അക്ബറുടെ വഴികാട്ടിയും അമ്മാവനും രക്ഷാകർത്താവുമായിരുന്നു ബൈറാം ഖാൻ അക്ബർ സ്ഥാപിച്ച മതമായിരുന്നു ദീൻ ഇലാഹി അക്ബർ പണി കഴിപ്പിച്ച പുതിയ തലസ്ഥാനമാണ് ഫത്തേപൂർ സിഖറി അക്ബറിന്റെ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെടുന്നത് സാപ്തി സമ്പ്രദായം എന്നാണ് മുസ്ലിം അല്ലാത്തവരിൽ നിന്ന് പിരിക്കുന്ന നികുതിയായി ജസിയ അക്ബർ നിർത്തലാക്കി ആയിരത്തി അറുനൂറിൽ ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിയായ അക്ബർ ആണ് അഗ്രാക്കോട്ട പഞ്ച്മഹൽ എന്നിവ നിർമ്മിച്ചത് അക്ബർ ിൽ കൊട്ടാരം സന്ദർശിച്ചീർ അക്ബറിന്റെ പുത്രനായ ജഹാങ്കീറിന്റെ ആദ്യകാല പേര് സെലീമെന്നായിരുന്നു സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിക്കുന്നതിനുവേണ്ടി അദ്ദേഹം നീതിചങ്കല നടപ്പിലാക്കി മുഗൾ ചിത്രകല അതിന്റെ ഉച്ചകോടിയിലെത്തിയത് ജഹാംഗീറിന്റെ കാലത്താണ് ഷാലിമാറും കാശ്മീരിലെ നിശാന്ത് പൂന്തോട്ടവും നിർമ്മിച്ചത് ജഹാംഗീറാണ് ജഹാംഗീറിനെ ഭരണകാര്യങ്ങൾ സഹായിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ നൂർ ജഹാനാണ് ജഹാംഗീരി ജഹാഗീരിന്റെജഹാൻ ഷാജഹാന്റെ ഭരണകാലമാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണകാലമെന്ന് അറിയപ്പെടുന്നത് നിർമ്മിച്ചത് ഷാജഹാനാണ് ഇത് പേർഷ്യൻ ആക്രമണകാരിയായ നാദർ ഷാ ഇറാനിലേക്ക് മോഷ്ടിച്ചുകൊണ്ടുപോയി ഇപ്പോൾ ബ്രിട്ടനിലാണ് മയൂരസിംഹാസനം ഉള്ളത് ഷാജഹാനാണ് താജ്മഹൽ പണിതത് ചെങ്കോട്ട ജുമാ മസ്ജിദ് മോത്തി മസ്ജിദ് എന്നിവ പണിതത് ഷാജഹാനാണ് നിർമ്മിതികളുടെ രാജകുമാരി ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഷാജഹാൻ നിർമ്മിച്ച താജ്മഹലിന്റെ ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി അമ്പത്തിൽ ഷാജഹാന്റെ മകനായ ഔറംഗസീബ് സ്വന്തം പിതാവിനെ തടവിലാക്കുകയും മറ്റ് സഹോദരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് മുഗൾ സിംഹാസനത്തിൽ അധികാരമേറ്റത് ലാളിത്യം നിറഞ്ഞ ജീവിതശൈലി ഔറംഗസീബിന് ജീവിച്ചിരിക്കുന്ന സന്യാസിയെന്ന് വിശേഷം നേടിക്കൊടുത്തു സിക്കുകാരുടെ ഒൻപതാമത്തെ ഗുരുവായൂർ തേജ് ബഹദൂറിനെ ഔറംഗസീബ് വധിച്ചു അക്ബർ നിറത്തിലാക്കിയ ജസിയ എന്ന ഹിന്ദു ഔറംഗസീബ് പുനരാരംഭിച്ചു മുഗൾ രാജവംശത്തിലെ അവസാനത്തെ രാജാവായ ബഗദർഷ രണ്ടാമനാണ് ബഗദൂർഷ സഫറെന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാദ്രസമയത്തുണ്ടായ മുഗൾ രാജാവായിരുന്നു ബഗദൂർഷ രണ്ടാമൻ ഒന്നാം സ്വാദ്രസമര പരാജയത്തെ തുടർന്ന് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ റങ്കൂളിലേക്ക് നാടുകടത്തി മുഗൾ രാജാവായ ഹുമയോണിനെ പരാജയപ്പെടുത്തി ഡൽഹി ഭരണം കൈവശപ്പെടുത്തിയ സൂർവംശജനായ ഭരണാധികാരിയായിരുന്നു കൊൽക്കത്തയെയും അമൃത്സറിനെയും ബന്ധിപ്പിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതും ഷർച്ചയാണ് റുപ്യ എന്ന നാണയ സമ്പ്രദായം തുടങ്ങിയതും ഇന്ത്യയിലാദ്യമായി ഒരു രൂപ നാണയം ഇറക്കിയതും ഷർച്ചയാണ് മറാത്തംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു ശിവജി ിൽ ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു ഹൈന്ദവധർമ്മോദ്ധാരക എന്ന സ്വീകരിച്ച ഭരണാധികാരിയായിരുന്നു ശിവജി അഷ്ടപ്രധാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എട്ട് മന്ത്രിമാരുടെ സഹായത്താലാണ് ശിവജി ഭരണം നടത്തിയിരുന്നത് ഇവരിൽ മുഖ്യനാണ് പേശു എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ബാലാജി വിശ്വനാഥനാണ് മറാത്ത വംശത്തിലെ ആദ്യത്തെ ശിവജി ദിവംഗതനായി വൈദേശിക ആധിപത്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗീസുകാരനായ വാസ്കോട് ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയതോടെയാണ് ഇന്ത്യയിൽ യൂറോപ്യൻ യുഗത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് പോർച്ചുഗീസ് രാജാവിന്റെ ബഹുമാനാർത്ഥം ഫോർട്ട് മാനുവൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ട കോട്ടയാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ യൂറോപ്യൻ കോട്ട അൽബൂക്കർക്കാണ് ഇത് പണി കഴിപ്പിച്ചത് ഇന്ത്യയിൽ ആദ്യമായി വന്ന പാശ്ചാത്യശക്തിയും ഏറ്റവും അവസാനമായി ഇന്ത്യ വിട്ടുപോയ പാശ്ചാത്യശക്തിയും പോർച്ചുഗീസുകാരാണ് വാസ്കോഡ് ഗാമയുടെ രണ്ടാം വരവ് രണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് അൽഫോൺസ ഡി അൽബൂക്കർക്ക് ബിജപ്പൂർ സുൽത്താന്മാരിൽ നിന്ന് ഗോവ പിടിച്ചടക്കിയത് ഡച്ചുകാർ പോർച്ചുഗീസുകാരുടെ എതിരാളികളായിട്ടാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വാണിജ്യ രംഗത്തു പ്രവേശിച്ചത് ിലെ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ നിർണായകമായി പരാജയപ്പെടുത്തി ഈ തോൽവി കേരളത്തിൽ ഡച്ചുകാരുടെ സാമ്രാജ്യമോഹത്തിന് അന്ത്യം കുറിച്ചു ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാരുടെ സംഭാവനയാണ് ഇത് മലബാറിലെ സസ്യജാലയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യയിൽ അവസാനമായി എത്തിയ വിദേശ കച്ചവടക്കാർ ഫ്രഞ്ചുകാരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ൌസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമായിരുന്നു എഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ നടന്ന പ്ലാസ് യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയ അധികാരത്തിന് അടിസ്ഥാനമിട്ട സ്ഥലം ബോംബെ ആയിരുന്നു ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നിയന്ത്രിച്ചിരുന്ന ഗവർണർ ഡ്യൂപ്ലേ ആയിരുന്നു ബക്സർ യുദ്ധം ആയിരുന്നു മിർകാ സിംഗ് മുഗൾ ചക്രവർത്തിയായ ഷാ ആലം ഔഡിലെ നവാബായ സിറാജു ദൌള എന്നീ ത്രിശക്തി സഖ്യത്തിന്റെ സംയുക്ത സേനയെയാണ് ബ്രിട്ടീഷ് സൈന്യം തോൽപ്പിച്ചത് റോബർട്ട് ക്ലൈവാണ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവിനെ തുടർന്ന് വാരൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലായി ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറലാണ് വാരൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിലെ ദ്വിഭരണം റദ്ദാക്കിയത് വാറന്റ് ഹേസ്റ്റിംഗ് ആണ് ഇംഗ്ലീഷ് ഭരണം അടിച്ചേൽപ്പിച്ച ദുരിതങ്ങളിൽ രോഷം പൂണ്ട് ബംഗാളിൽ മത ആചാര്യന്മാർ നേതൃത്വം നൽകിയ സന്യാസി ഫക്കീർ കലാപം എന്നാണ് അറിയപ്പെടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട് സുപ്രീം സിവിൽ കോടതിയും സുപ്രീം ക്രിമിനൽ കോടതിയും സ്ഥാപിച്ചത് വാറന്റ് ഹേസ്റ്റിംഗ്സ് ആണ് കോൺവാലിസ് പ്രഭുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലാണ് വില്യം വില്യം ബെന്റിക് ഒന്നാമത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ചു ഇന്ത്യൻ ശിക്ഷാനിയമത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പ്രമാണം എന്നറിയപ്പെടുന്ന സർ ചാൾസ് ഫുഡിന്റെ വിദ്യാഭ്യാസ ശുപാർശകൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഡെൽഹൌസിയാണ് ിൽ ആൻഡമാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട വൈശ്രോയിണ്യോ പ്രഫുൽ ലിറ്റൺ പ്രഫു ആണ് പ്രാദേശിക ഭാഷാനിയമം നടപ്പിലാക്കിയത് മഹത്തായ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി വിപ്ലവം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള മീററ്റിലാണ് വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൽപാണ്ഡെ ലഹ്ലയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി സർക്കാർ ആണ് ഇന്ത്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ദാദാഭായ് നവറോജിയും കൂട്ടരും ചേർന്ന് ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച എ യോ ഹ്യൂം എന്ന ഇംഗ്ലീഷുകാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ഡെഫറിൻ പ്രഭു ഈ സമയത്തെ വൈസ്രോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായിരുന്നു ഡബ്ല്യുസി ബാനർജി ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ് എന്ന പേര് സംഘടനയ്ക്ക് നിർദ്ദേശിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റും സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുത്ത പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ് വന്ദേവയോധികൻ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി കാമയാണ് ബംഗാൾ വിഭജനം ആയിരത്തി മുതൽ ആയിരത്തി വരെ വൈസ്രോയി ആയിരുന്ന കഴ്സൻ പ്രഭു ബംഗാൾ വിഭജിച്ചത് മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ അകറ്റി ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു ഈ വിഭജനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബംഗാൾ വിഭജനത്തെ തുടർന്ന് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിച്ചും സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിച്ചും കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചു ഇതാണ് സ്വദേശി പ്രസ്ഥാനം ഇതിന്റെ ഫലമായി ഹാബിഞ്ച് പ്രഭു രണ്ടാമൻ പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു സൂറജ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തെറ്റിപ്പിരിഞ്ഞ സംഭവമാണ് സൂറജ് വിഭജനം സ്വരാജ്യം എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം കോൺഗ്രസിന് സമ്മാനിച്ചത് ബാലഗംഗാധര തിലകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലഖ്നൌ ഉടമ്പടിയിലാണ് മിതവാദികളും ഒന്നിച്ചത് ആയിരത്തി മിൻഡോമോർലി ഭരണപരിഷ്കാരം മുസ്ലീങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോമോർലി ഭരണപരിഷ്കാരമാണ് ഇന്ത്യയിലെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവും അന്നത്തെ ഇന്ത്യാ സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗുവും ചേർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ിൽ മുഹമ്മദ് അലിയുടെയും ഷൌക്കത്ത് അലിയുടെയും നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപമാണ് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയാൻ വാലാബാദ് സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി കൊൽക്കത്ത സമ്മേളനത്തിലാണ് നിസഹകരണ പ്രസ്ഥാനം പാസ്സാക്കിയത് ിൽ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിതമായി സൈമൺ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് അനുസരിച്ച് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് സർ ജോൺ സൈമൺ ആയിരുന്നു കമ്മീഷന്റെ ചെയർമാൻ അതുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ എന്ന പേരിൽ അത് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു ഡിസംബർ മുപ്പത്തിയൊന്നിന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തുകയുണ്ടായിരത്തി ജനുവരി ഒന്നാം സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാഗ്രഹിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ നേതാക്കളെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു എന്നറിയപ്പെടുന്നത് എന്നീ വർഷങ്ങളിലാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും സമ്മേളനങ്ങളിൽ കോൺഗ്രസ് പങ്കെടുത്തില്ലെങ്കിലും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുത്തു സിവിൽ ിൽ ദി യാത്രയോടുകൂടി സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് പേരുമായാണ് ദണ്ഡിയിലേക്ക് കാൽനടയായി ഗാന്ധിജി യാത്ര ആരംഭിച്ചത് എത്തി ഇന്ത്യാ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തിൽ പ്രാദേശിക സ്വയംഭരണം നടപ്പിലാക്കിയത് ിലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ തേടുന്നതിനുവേണ്ടി സർ സ്റ്റാഫോർഡ് ക്രിബ്സിനെ ഇന്ത്യയിലേക്ക് അയച്ചു തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ബോംബെയിൽ ചേർന്നാണ് ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായികയായിരുന്നു അരുണ അസഫ് അലി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയതെപ്പോൾ ഇന്ത്യൻ നാഷണൽ ഫോർവേർഡ് ബ്ലോക്ക് ഇന്ത്യൻ നാഷണൽ ആർമി എന്നിവയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ആയിരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി സിംഗപ്പൂരിൽ സുഭാഷ് ചന്ദ്രബോസ് ഐഎൻഎ സ്ഥാപിച്ചു ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നിവ സുഭാഷ് ചന്ദ്രബോസിന്റെ മുദ്രാവാക്യങ്ങളാണ് ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷ് മന്ത്രിസഭാംഗങ്ങളായ പെത്രിക് ലോറൻസ് ട്രഫു സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എ അലക്സാണ്ടർ എന്നിവർ ഉൾപ്പെട്ടതാണ് ക്യാബിനറ്റ് മിഷൻ ഓഗസ്റ്റ് മുസ്ലിം ലീഗ് എന്ത് ദിനമായിട്ടാണ് പ്രഖ്യാപിച്ചത് പ്രത്യക്ഷ സമരദിനം ആയിരത്തിയാറിലെ ക്യാബിനറ്റ് മിഷനാണ് അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്തത് ിൽ രൂപീകരിച്ച ഇടക്കാല ഗവൺമെന്റിന്റെ നേതൃത്വം ജവഹർലാൽ നെഹ്റുവിനായിരുന്നു ഇന്ത്യ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നേടി നവംബർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയാറിന് ഭരണഘടന നിലവിൽ വരികയും ചെയ്തു